റിയുക ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അല്ലാഹു സുബഹാനുഹൂവ ചായാലായുടേതാണ് അല്ലാഹു സുബഹാനുഹൂവ ചായാലയായെ കൂടാതെ അവർ വിളിക്കുന്ന പങ്കാളികൾ അവരെ പിന്തുടരുന്നില്ല അവർ വെറും ഊഹങ്ങളെയാണ് പിന്തുടരുന്നത് അവർ ഊഹിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്